ീമിക സദർശവാക്യങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം നാം പത്താമത് വസനത്തിൽ ഇപ്പം നാം വാസിക്ക മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യം ഗുണശാലിയാണ് സ്ത്രീയെ കണ്ട് പിടിപ്പം യാര് അപ്പൊ വാസിക്കോം അവിടെ വായിക്കുന്ന സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്കും കിട്ടും എന്തേവിക്ക് ബതിൽ ഒരു വാലിബനുക്കുണ്ടാകുന്ന കൾവിയാർന്നാലും അതേ സമയത്തിൽ ഒരു സ്ത്രീയും തന്നെ ഇന്ന് വസനത്തിൽ ഒരു എളിച്ചം വരവ് യുവാവിൻ്റെ ചോദ്യമാണെങ്കിലും ഒരു സ്ത്രീക്കും ഈ വാക്യത്തിൽ നിന്ന് വെളിച്ചം ലഭിക്കുവാൻ കഴിയും അതാവത് അർമ്മിയാനേ എനിക്ക് പ്രിയമാണ് പിള്ളുക വാർത്ത പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൂടെ ഞാൻ പങ്കുവയ്ക്കുന്ന ചില കാര്യങ്ങൾ തെളിവായി ഒന്ന് ചൊല്ല വരും ഞാൻ വളരെ വ്യക്തതയോടെ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഒരു ഹാഫ് ഹാർട്ടഡായി ദേവൻ ഒരു ഹാഫ് ഹാർട്ടഡ് തന്നെ ഉച്ച കൊടുത്ത് കൊടുപ്പർ നിങ്ങളൊരു അർത്ഥ മനസ്കരായ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ പിൻപറ്റാതെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് പങ്കാളിയായി ലഭിക്കുക നിങ്ങളൊരു ഹോൾ ഹാർട്ടഡ് ബിലീവറ ഒരു ഡിസൈബിളായിരുന്നിങ്ങനെ ദേവൻ ഈസ് എ മാച്ച് മേക്കർ അവർ ഒരു ഹോൾ ഹാർട്ടഡ് ൃദയത്തോടെ ദൈവത്തെ പിൻപറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ഉള്ള ഒരു വ്യക്തിയെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകും നിങ്ങളൊരു ജഡിക ക്രിസ്ത്യാനി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജഡിക ക്രിസ്ത്യാനി ആയിരിക്കും നിങ്ങൾക്ക് പങ്കായി ലഭിക്കുക നാം എതെല്ലാം അതേതാണ് ദേവൻ അരുളവർ നമുക്ക് ഏതാണ് ലഭിക്കുവാനായിട്ട് നമുക്ക് യോഗ്യത അതിനനുസരിച്ചാണ് ദൈവം നമുക്ക് നൽകുക കൂടുതലായിരുന്നു എൽഡർസ് അറിയാതെ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ മൂപ്പന്മാർക്കോ അറിയുവാൻ കഴിയുകയില്ല അന്തരംഗത്തെ പാർക്കി പിതാ വിലയങ്കമായി ഹൃദയത്തെ കാണുന്ന ദൈവം നിങ്ങൾക്ക് െ നിങ്ങൾക്ക് പ്രതിഫലം നൽകും രണ്ട് നാലാകും സെക്കൻഡ്സ് സിക്ാപ്റ്റല ഒമ്പതാവശ്യത്തിലെ ഒരു അരുമയാണ് ഒരു പ്രാമിസ് ഒന്ന് ഉണ്ട് രണ്ട് ദിനപരത്താതും പതിനാറാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ വളരെ നല്ല ഒരു വാക്തിമുണ്ട് തമ്മിൽ കുറിച്ച് ഉത്തമ ഇതയത്തോട് മുഴു ഇരുതയത്തോട് ഇക്കവരെ കണ്ടുപിടിപടി ദേവനുടേ ിൽ ഏകാഗ്ര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാന് ആയി കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമിയിലെങ്ങും ഊടാടി സഞ്ചരിക്കുന്നു അവരുടെ സർവ വല്ല തന്നിൽ ഏകാഗ്രചിത്തന്മാർ തന്നെ താൻ ബലവാനെന്ന് കാണിക്കുവാനായിട്ട് തന്നിൽ മനസ്സ് വെച്ചിരിക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ കണ്ണ് എല്ലായിടത്തും ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് So the the the <boy and> <sweat> <That's 65> ോ അതെല്ലാത്ത ഒരു എല്ലാം ചേർത്ത് ഒന്നിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും നിങ്ങളുടെ വിവാഹം വരെ എങ്ങനെയാണ് നിങ്ങളെ തന്നെ സൂക്ഷിക്കുക അത് സഹോദരനാട്ടോ സഹോദരിയാട്ടും അത് സഹോദരൻ ആകട്ടെ സഹോദരി ആകട്ടെ അത് ഡേറ്റ് വരെയും അന്ന് ആ സമയം വരെ എങ്ങനെയാണ് നിങ്ങളെ തന്നെ സൂക്ഷിക്കുക ദൈവത്തിന്റെ ആദ്യത്തെ വിവാഹം അതൊരു പരാജയമായിരുന്നു മകളായ മീകളായിരുന്നു ദാവീദിന്റെ ആദ്യത്തെ ഭാര്യ ഒരു വിധത്തിൽ പറഞ്ഞാൽ അതൊരു ഒരു പ്രേമ വിവാഹമായിരുന്നു ആ ഡേവിഡ് മീഗാൽ മേൽ നാം വാസിപ്പോ സാമുൽ പതിനേഴാം അധികാരം ഒന്ന് ഷാമുവിൽ പതിനേഴാം അധ്യായത്തിൽ നാം വായിക്കുന്നു ദാവീതിന് മീഘാളിനോട് ഇഷ്ടം തോന്നി ഒന്ന് സാമുൽ പതിനേഴാം അധികാരം ഒന്ന് ഷാമുവിൽ പതിനേഴാം അധ്യായം സരി 1 ശമൂവൽ 18 ആം അദ്ധ്യായം 1 ശമൂവൽ 18 ആം അദ്ധ്യായം 20 ആവശനത്തിൽ വായിക്രം 20 ആം വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ആ ഷൗലിന്റെ മകളായ മീഖലോ ദാവീദിനെ സ്നേഹിച്ചു ഷൗലിൻ അത് പോകും അത് ഷൗലിൻ కుమార్തിയായ മീഖാൽ ദാവീദിനെ நேസിതാൽ ഷൗലിന്റെ മകളായ മീഖൽ ദാവീദിനെ സ്നേഹിച്ചു എന്ത ദാവീദേ நேസിതാൽ എന്നാൽ എന്തിനാണ് ദാവീദിനെ സ്നേഹിച്ചത് സൗന്ദര്യം ഉള്ളവൻ <laughs> പത്താത് യുദ്ധ വീരൻ വേറെ യുദ്ധം ചെയ്യുവുള്ളവൻകുട്ടി എന്താ നല്ല പിടിച്ച് നന്നായിട്ട് നല്ല നല്ല കോമല രൂപൻ നല്ല നിറമുള്ളവൻ എവളും ആണല്ല അവൻ ദേവൻമേൽ അവളു പറ്റുള്ളവൻ ദേവൻമേൽ പ്രിയമാക്കവൻക ഇടിയറ്റ് ഞാന ശൂന്യത്ത് ഒന്നുമേ പോയിച്ചു മീകാല ദൈവത്തെ ഭയപ്പെടുന്നവൻ ദൈവത്തോട് അടുത്ത് നടക്കുന്നവൻ ഈ കാര്യത്തെ കുറിച്ച് മീകാളിനു അത് ചിന്തയേ ഇല്ല അവരിച്ചൊന്നും അറിയില്ല മീകാലുടേ കണുകൾ കണ്ണ് അപ്രകാരമായിരുന്നുപ്രകാരമാണ് കാര്യങ്ങളിലായിരുന്നു അവളുടെ കണ്ണു സൈഡ് അവൾക്ക് പാകലിന്റെ ആന്തരികമായ കാര്യങ്ങൾ അവൾക്ക് കാണുവാന കഴിഞ്ഞില്ല അവനുടേ ഇന്ന എപ്പിന്നെ അവന്റെ ആന്തരീകമായ അവസ്ഥ എന്തായിരുന്നു അവൻ വരുന്നത് പോന മാറാൻ ദൈവത്തിന്റെ പെട്ടകം വരുന്നു എന്ന് കേട്ട ഉടനെ തന്റെ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ച് നൃത്തമാടുന്നവനായിരുന്നു അടിക്കുകയാണ് നീ എന്റെ ഭർത്താവാണോ ഓഹ് എനിക്ക് നാണമൊക്കേടാണ് എന്ന് പറഞ്ഞ് തന്റെ തലക്കടിച്ച് അവൾ ലജ്ജയോടെ തലകുനിക്കും നീ ഒരു രാജ് രാജാവരുടെ മരുമഹ െ സംബന്ധിച്ചോളം അവൾക്ക് ആത്മീകമായ കാര്യങ്ങൾ കാണുവാനായിട്ട് അവൾക്ക് കഴിയുന്നില്ല ീദിനെ പറഞ്ഞപ്പോൾ ദാവീദ് രാജാവിന്റെ മരുമയനാകുന്നത് അല്പ കാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ ഞാൻ ദരിദ്രനും എളിയവനും അവസാനിക്കുക എനിക്ക് രാജാവിന്റെ മരുമകനാകണം അത് അവൾക്ക് തലയിൽ ഒന്നും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് എന്നുള്ളത് അവനറിയില്ല സ്പിരിച്വൽ രാജാവിന്റെ മരുമകനാകും രാജ്യത്തിന്റെ അവകാശിയാകും പ്രിയമാണെ ഇതെല്ലാം ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കൽ എഴുതിയിട്ടുണ്ട് അവൾ അവനെത്താൽ അവൾ അവനെ സ്നേഹിച്ചു ും അവൻ അവൾ ഭാര്യ മീകാലിനെ മറ്റൊരു വ്യക്തിക്ക് ഭാര്യയായി കൊടുത്തു അവൾ തന്റെ ഭർത്താവിനെ പിന്നീട് നാം വായിക്കുന്നു അവൾ കടച്ചുവരയ്ക്ക് മലടിയാൽ അവസാനം വരെ അവൾ ഒരു തലവേദനയായിരുന്നു എന്ന് നാം വായിക്കുന്നു അവസ്റ്റ് മാരേജ് അത് അവന്റെ ആദ്യത്തെ വിവാഹം അതൊരു പരാജയമായിരുന്നു അതിന് പിന്നെ കാര്യങ്ങളോ അതിനുശേഷം ദാവിതിനെ കുറിച്ച് പല കാര്യങ്ങൾ നാം വായിക്കുന്നത് ഇന്നൊരു സക്സസ്ഫുൾ ആണ് ഒരു ബൈബിൾ വേദപുസ്തകത്തിൽ ഒരു വിജയകരമായി നടന്ന ഒരു വിവാഹം നാം വായിക്കുന്നത് നാം രണ്ട് രണ്ട് നാലാകും പതിനാറും ഒമ്പത് നാം ധ്യാനിത്തോം രണ്ട് ദിനവൃത്താന്തം പതിനാലാം അധ്യായത്തിൽ നാം വായിക്കേ ഉണ്ടായി മുഴു ഹൃദയത്തോട് മനുഷ്യനെയും മുഴു ഹൃദയത്തോട് ഇക്കതാണ് ഒരു മനുഷ്യൻ പൂർണ്ണ ഹൃദയത്തോട് ഉള്ള ഒരു വ്യക്തിയെയും പൂർണ്ണ ഹൃദയത്തോടുള്ള ഒരു പുരുഷനെയും സ്ത്രീയെയും ദൈവം ഒന്നാക്കുന്നു അത് അന്ത കപ്പൽത്ത് പുസ്തകത്തിൽ നാം വാസിക്കണോ ആ കാര്യം നാം രൂത്തിൻ്റെ പുസ്തകത്തിലാണ് നാം വായിക്കുന്നത് ആ രണ്ടാമധികാരത്തിൽ വാസിക്കറോ രൂത്തിൻ്റെ പുസ്തകം രണ്ടാമധ്യായത്തിൽ നാം വായിക്കുന്നു നാം ഇങ്ങനെ എപ്പോഴും രണ്ടുപേരും തങ്ങളെ കാത്തു കൊണ്ടാങ്ങ എപ്പോ ക്ലീനാ കാത്തു കൊണ്ടാങ്ങ് പറഞ്ഞേ എങ്ങനെയാണ് അവർ തങ്ങളെ തന്നെ സൂക്ഷിച്ചത് എന്നിവിടെ നോക്കുക മൂന്നൂത്തിൻ്റെ പുസ്തകം മൂന്നാമധികാരം ൂത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായം പത്താം വസനത്തിൽ യാരെ കുറിച്ച് നാം വാസിക്കൽ കുറിച്ച് നാം വാസിക്കാം വായിക്കുന്നത് ഇന്നൊരുത്തുടേലാ മനു വിടോ വിടോ വിഡോ യങ് കേൾ യങ് വിഡോ ഒരു ചെറുപ്പകാരിയായ വിധവയാണ് രൂത്ത് ും ഐശ്വര്യ ദരിദ്രന്മാരോ പത്താം വാക്യത്തിന്റെ അവസാന ഭാഗം ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുട പിന്തുടരാതിരിക്കുകയാൽ ഇത് അപേമണിങ്ങോ ധനമില്ലാത്തവനോ ആരായിക്കൊള്ളട്ടെ ഒരു ബാലിക്കാരനെ പിന്തുടരാത്തവൾ പുറകെ പോകാത്തവൾ എന്നുള്ള ഒരു സാക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടാകണം കല്ലൂരിക്ക് പോരീങ്ങിൽ പോകുന്നു പോക ജോലി സ്ഥലത്ത് പോകുന്നു ഒരു ആപ്പോസിറ്റ് ഒരു പയ്യൻ വന്ന് വണ്ടിയും ബെറ്റ് അന്ന് പോകുമ്പോൾ ഒരു ഒരു ചിപ്പക്കാരൻ വന്ന് ബൈക്ക് നിർത്തിയിൽ കയറിക്ക് വളാം പറയുന്നത് നമ്മളുടെ മീൻ എപ്പിരിക്കും എന്താണ് പഴയ ടുക്കൂ ട്രെൻഡ് ഇല്ല ഇന്നത്തെ പുതിയ കാലഘട്ടത്തിന്റെ രീതി സംസ്കാരം രീതിയല്ല പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ നാം വിട്ടുകള ഈ രീതികളൊക്കെ മാറി എന്നുള്ളത് കൊണ്ട് നാം മാറേണ്ട ആവശ്യമില്ല എല്ലാവരും ഒരു സ്പെഷ്യൽ വേണ്ടി ആ കേബിനുള്ള എല്ലാവരും പോകുന്നു ഒരു പയ്യൻ മാടങ്ങി വരാം കൈസിയാ വരാം ഒരു ചെറുപ്പക്കാരൻ മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് അവൻ തനിയെ ഇറങ്ങി വരുന്നു എല്ലാരും ആണ് പെണ്ണ് ഒരു പയ്യന് ഒരു അപ്പൊ ഒരു പെൺകുട്ടി അവടെ അവസാനം കാത്തിരിക്കുന്നു ആരെങ്കിലും മുകളിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ ആ പയ്യന്റെ കൂട്ടത്തിൽ കയറി പോകാമെന്ന് അവൾ കാത്തിരിക്കും ് മറ്റ് ആരും എന്നെ കൊണ്ടുപോകാനായിട്ട് ഇല്ല നീ നിന്റെ കൂടെ വരുന്നു പറഞ്ഞു ആ സമയം എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചോളം അവൻ ആലോചിക്കാത്ത ചിന്തിക്കാത്തോ ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടെങ്കിലേ ആ കാര്യത്തോട് നമുക്ക് ശരിയായ രീതിയിൽ പ്രതികരിക്കുവാൻ കഴിയുകയുള്ളൂ നമുക്ക് ആ സമയത്ത് നമുക്ക് കൃപയുടെ ഒരു അളവ് കൃപ് നമ്മിൽ ഉണ്ടായിരിക്കണം ക്ഷണപ്പെടുതൽ അവന്റെ വായിൽ നിന്ന് പുറത്തു വന്ന വാക്കുകൾ ശ്രദ്ധിക്കുക ഞാൻ മുകളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു മുകളിലിട്ട് പോയി ഉച്ചക്ക് ഭക്ഷണം ഇല്ലോറിൽ മുകളിൽ പോയി ഇടിപ്പെട്ടതാണ് ഒരു സ്ത്രീയെവൻ അവൻ ഞെട്ടി തന്റെ കാൽക്കിൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു നീ ആര് എന്ന് അവൻ ചോദിച്ചു അവനെട്ടാണ് ഉണ്ടായത് അവ എങ്കോമി ാണ് അപ്പം അവനെ സംബന്ധിച്ചെട്ടി എന്നാണ് അവരെ ദൈവം സ്വർഗത്തിൽ നിന്ന് അവരെ ചേർക്കുകയാണ് എങ്ങനെയാണ് ദൈവം ചേർക്കുന്നത് രണ്ടാം അധ്യായത്തിൽ ആ വയലിലേക്ക് പോവുകയാണ് അവിടെ വൈലിക പോയിட்டே இருக்குrah മൂன்றാം അവசனത്തില് വാസിക്കறோம் മൂന്നാം വാക്യത്തിൽ അവിടെ വൈലികേ പോകുമ്പോൾ നാം അവിടെ വായിക്കുന്ന മൂന്നാം വാക്യം മൂன்றാം അവசனത്തില് ഉരുവാർത്തെ வந்து തർച്ചൈലൈ അടിൻ്റെ അവിടെ മൂന്നാം വാക്യത്തിൽ നാം അവിടെ വായിക്കുമ്പോൾ രണ്ടാമത്തെ ആ യുട്ടീ രണ്ടാമത്തെ കാരന്നോ ആ രണ്ടാമത്തെ കാരം മൂன்றാം ആസനം അത് മൂന്നാം മൂന്നാം വാക്യത്തിൽ ഇംഗനയുണ്ട് ഭാഗ്യവശാൽ എന്നൊരു പ്രയോഗം ിൽ ഭാഗ്യവശാൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അത് ദൈവം പദ്ധതി എടുത്തുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ ആ മണികൾ പെറുക്കി അവൾ മുമ്പോട്ട് ഓരോ വയൽ താണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ിൽ പോയിട്ടേ അങ്ങനെ ഒരു താല്പര്യം അവിടെ ചെന്ന് പെറുക്കാനായിട്ട് ഒരു ലീഡിങ് തോന്നില്ല ഒന്നുമേ ഇല്ലേ അങ്ങനെയാണ് കുടുംബക്കാരനായുള്ള വയലിൽ ആയിരുന്നു ചെന്നത് അവളെ ാണ് അത്ഭുതകരമായി എത്തിക്കും അതേസമയത്തിലെ മറ്റൊരു സ്വഭാവവിശേഷം ഞാൻ നിങ്ങളോട് പറയട്ടെക്കാട്ടിലും ബോവസിന് വയസ്സ് വളരെ കൂടുതലാണ് എങ്ങനെയാണ് ഈ ബോബന് വയസ് കൂടുതലായി മാറിയത് കൂടുതലായി പോയത് ദൈവ ഹിതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവൻ അത് വഴിമുറകളെ വയ്ക്കൊണ്ടാ അതിനുവേണ്ടി ചില കാര്യങ്ങൾ അവൻ ചില തീരുമാനങ്ങൾ അവൻ ഉണ്ടായിരുന്നു അപേ രുന്ന് പറഞ്ഞു പുറകെ പോയില്ലാർന്ന അവൻ വളരെ സ്വസ്ഥതയോടെ കാത്തിരുന്നു അങ്ങയുടെ ഹിതമാണെങ്കിൽ അത് നടക്കട്ടെ കിട്ടുന്ന സ്വതന്ത്രവാളി എന്നോട് ഇന്നോർത്ത അവകാശിയായ മറ്റൊരു വ്യക്തി ഉണ്ട് അവൻ വേണ്ടിക്കാൻ അവൻ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വിവാഹം ചെയ്തോളാം അവൻ ഓക്കെ ഞാൻ കല്യാണം പണിക്കറേ എനിക്ക് വേണ്ട എന്നാൽ ഞാൻ വിട്ടരാ എന്നാണ് അവൻ അത് വിവാഹം ചെയ്തോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം വിവാഹം ചെയ്യുകയാണെങ്കിൽ ശരി എനിക്ക് വേണ്ട അവൻ വേണ്ടാന്ന് ചോട്ടനാ ഞാൻ കാരേജ് പണിക്കാൻ അവൻ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ചില വ്യക്തികളൊന്നും മൂപ്പന്മാരോടൊന്നും ഒരു കാര്യവും പങ്കുവെക്കാറും അവരോട് ചോദിക്കാറും എന്റെ വഴി ഞങ്ങൾക്ക് പല വഴികൾ അറിയാം ഞങ്ങളുടെ സ്വന്തം വഴി ആ വഴിയെ ഞങ്ങൾ പോയിക്കോളാം ഞങ്ങളെ പോയി ഞങ്ങൾ വിവാഹം ചെയ്തോളാംസ് അപേക്ഷ ചില മാതാപിതാക്കൾ പോലും അങ്ങനെയാണ് പിള്ളെങ്കിൽ അപ്ഡിംഗ് ചില കുഞ്ഞുങ്ങളും അങ്ങനെയാണ് അവസാനം അവർ വഴി തെറ്റി പോകുന്നു ഞാൻ കൂട്ടത്തോട് ഞാൻ ഈ കാര്യം പങ്കുവെക്കും അവരുടെ ആലോചന ഞാൻ കേൾക്കും അപ്പോ ഈ ആലോചന കൂട്ടത്തിൽ ഈ കാര്യം വന്നു ില്ല എങ്ങനെയെങ്കിലും അവകാശി അദ്ദേഹം എങ്ങനെയെങ്കിലും അത് വേണ്ട നോ പറയണം നോ പറയ എന്നാലല്ലേ എനിക്ക് കിട്ടുകയുള്ളൂ ദൈവമേ എങ്ങനെയെങ്കിലും അദ്ദേഹം നോ പറയണം എന്ന് ഉപർച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല അടുത്ത ആ വ്യക്തി വന്നു കളി പോരിട്ടാ എനിക്ക് അങ്ങനെയെങ്കിലും ഞാൻ ഒരു അടുത്ത അനന്തര അവകാശി അവകാശി രൂത്തിനെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ റിയില്ല ഇപ്പി ദേവസ്ഥേ അങ്ങനെ ദൈവഹിതത്തിനായിരുന്നു കാത്തിരുന്ന് അദ്ദേഹത്തിന്റെ വയസ്സ് പ്രായം കൂടിക്കൊണ്ടിരുന്നു വിവാഹം കഴിക്കുകയില്ലേ ഇല്ലെങ്കിൽ ഈ ഒരു നിലപാട് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ബോവസ്. இப்படி ഒരു ഹോള ഹാർട്ടഡ് ബിലീവറുക്ക് ഒരു ഹോള ഹാർട്ടഡ് സിസ്റ്റർ ദേവൻ മാച്ച് பண்ணார். അങ്ങനെ ഉള്ള ഒരു പൂർണ്ണ ഹൃദയമുള്ള ചെറുപ്പക്കാരനെ പൂർണ്ണ ഹൃദയമുള്ള ഒരു ചെറുപ്പക്കാരിയെ ദേവൻ നൽകി. പ്രിയമണുരിലെ இந்த നാட்கലിലുള്ള ഡിസ്ക്രിപ്ഷൻ രണ്ട് രണ്ട് ഡിസ്ക്രിപ്ഷൻ தான். ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ രണ്ട് തരത്തിലുള്ള വഞ്ചരകളാണ് ഉള്ളത്. നീതിമുളിൽ 31 ആമ അധികാരത്തിൽ கடைசி வசனം என்ன പോട്ടിർക്കുക അബ്ദിനാ? അഴகு വീൻ സൗന്ദര്യം വഞ്ചനേ ഉള്ളതെന്നുണ്ട്. സുദൃഷ വാക്യങ്ങൾ 31 അവസാനത്തിന്റെ അവസാന ഭാഗത്തെ நாம் ഇങ്ങനെ വായിക്കുന്നു സൗന്ദര്യം അത് വഞ്ചിക്കുന്നതാണ് ഈ ഭൂമിയിൽ രണ്ട് കാര്യങ്ങളാണ് ലാവണ്യം അത് വ്യാജമാണ് വഞ്ചിക്കുന്നതാണ് ഐശ്വര്യം ഐശ്വര്യം സമ്പത്ത് അത് വഞ്ചിക്കുന്നതാണ് ഉലകവും പോകുന്നത് ും കൂടെ ഇന്ന് ലാവണ്യം ആകർഷകമായ മുഖം ആകർഷകമായ ശമ്പളം ഇതിന്റെ പുറകെയാണ് ഇന്ന് ക്രിസ്തീയത ആണ്ടവരെ ഇത് കൂടാതെ ആണ്ടവരെ ദൈവമേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയാകരുത് ഇത് ഉളകത്ത് പോലത്തെ അനുസരിച്ച് പോകുന്ന ഒരു ജീവിതമാണ് പാട്ടിൽ ലോകത്തിന് അനുരൂപരായിട്ട് പോകരുത് പോലെ കാണുന്നത് പോലെ നാം കാണുവാൻ പാടില്ല സ്പിരിച്വലാണോ അവളോക്കാം അടുത്തോളം സ്പിരിച്വാലിറ്റി നമ്മൾ ോ അത്രമേ നമുക്ക് മറ്റുള്ളവരുള്ള ആത്മീകതയെ കാണുവാൻ കഴിയുകയുള്ളൂ മുപ്പത്തി ഒന്നാം അധ്യായത്തിലേക്ക് നമുക്ക് തിരികെ വരാം ഗുണശാല സ്ത്രീയെ ആർ കണ്ടുപിടിക്കും സ്ത്രീയെ ഭാര്യ കിട്ടും 31 മൂന്നാംസനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നീ ഓപ്പോസിറ്റ് സെക്സിലുള്ള അല്ലെങ്കിൽ എതിർ ലിംഗത്തിലുള്ള വ്യക്തിയുമായി എതിർ ലിംഗത്തിലുള്ള പെണ്ണുമായി നീ സമയം ചിലവഴിക്കരുത് ഡുനോട്ട് സ്പെൻഡ് രാജ പറയുന്ന മകനെ ഇങ്ങനെയൊക്കെ ആയിരുന്നാൽ മാത്രമേ നിനക്ക് ദൈവഭക്തി സ്ത്രീയെ കിട്ടുകയുള്ളൂ അതേതാ സഹോദരിമാർ വാഴ് പിള്ളതാ സോദരന്മാർക്കും സഹോദരിമാർക്കും നമുക്കായി പൂർണ്ണ ഹൃദയമുള്ള ഒരു വ്യക്തിയെ ദൈവം കൊണ്ടുവന്ന് നൽകും ഒരേ ഒരു വാർത്ത ഒരു വയലിൽ എല്ലാം തീർക്കുക പിന്നത്തെ വീട് ആദ്യം ഒരു ജോലി അതെ നാം ഒഴിവാക്കിക്കൊള്ളേം ആ ജോലി എല്ലാം നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം എല്ലാം തീർക്കണം അതുകൊണ്ട് കുടുംബത്തെ നാം കെട്ടണം അതിനു ശേഷമാണ് കുടുംബം നാം കിട്ടേണ്ടത് അത്സിപ്പ് ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ് വിട്ടരാ സമ്പാദിക്കുന്നതിനുടേ വിറങ്ങ ഇന്ന് പലരും ജോലി ചെയ്യുന്ന ആ കാലങ്ങളെ അവർ വ്യർത്ഥമാക്കി കളയുകയാണ് ഒരു ഇരുപത്തി എട്ട് ഒമ്പത് മുപ്പതുക്കെ വരവേണ്ടത് ആ വയസ്സിലോ പ്രായമാകുമ്പോഴും അവരൊരു ജോലിയിൽ ഞാൻ ചോദിക്കുന്നു ബ്രദർ എന്ത് വേലയിലാる കാങ്ങു പയ്യൻ ബ്രദർ നിങ്ങളുടെ മകൻ എന്ത് ജോലിയാണ് ചെയ്യുന്നു ഇത്മ്മ എതോ പോയിട്ട് വണ്ടിട്ട് ഇരിക്കാ എന്ത് വേലയിലാる നാളെ എப்படி കുടുംബത്തെ പണുവോ കെട്ടുവോ അവനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പോയി വരികയാണ് അവനെ അങ്ങനെ ഒരു ജോലിയൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് അവൻ ഒരു കുടുംബത്തെ പരിപാലിക്കുക സോറി ബ്രദർ എക്സ്ട്രീമലി സോറി സഹോദര ക്ഷമിക്കണം 나 ഇതില് പിടിക്കുക മടിയല്ല എനിക്ക് ഒരു അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയയില്ല പാരന്റ്സ് പണം എങ്ങിനെ കൊടുപாங்க നിങ്ങളുടെ പയ്യനെ എങ്ങിനെ കൊടുപாங்க പ്രായമുണ്ടായിരുന്നപ്പോൾ എന്തായിരുന്നു മകൻ ചെയ്തത് എല്ലാവർക്കും ഒരു കാലമുണ്ട് അന്വേഷിക്കുന്നതിന് ലഭിക്കുന്നതിന് ഒരു കാലമുണ്ട് വിവാഹത്തിന് ശേഷം അവരെ ബുദ്ധിമുട്ടുന്നു